ദാവൂദ് അലിഹുസ്സലാമിന് നാം നമ്മുടെ പക്കൽ നിന്ന് വലിയൊരു അനുഗ്രഹം നൽകി ഓ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ കീർത്തനം പാടുക പക്ഷികളും അപ്രകാരം ചെയ്യട്ടെ ഇരുമ്പിനെ നാം അദ്ദേഹത്തിന് വഴക്കിട്ട് നൽകുകയും ചെയ്തു